നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും ഭാര്യമാർക്കിടയിൽ പൂർണമായ നീതി പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല അതിനാൽ നിങ്ങൾ ഒരു വശത്തേക്ക് പൂർണ്ണമായി ചായരുത് അങ്ങനെ ചെയ്താൽ മറ്റയാൾ ബന്ധിതയായി അവശേഷിക്കും എന്നാൽ നിങ്ങൾ കാര്യങ്ങൾ പരിഹരിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്താൽ തീർച്ചയായും അള്ളാഹു സുബഹാനുഭൂവത്ത് ആല ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു